വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് താങ്കൾ എല്ലാ ദൃഷ്ടാന്തങ്ങളും കൊണ്ടുവന്നാലും അവർ താങ്കളുടെ ഖിബിലയെ പിന്തുടരുകയില്ല താങ്കളും അവരുടെ ഖിബിലയെ പിന്തുടരുകയില്ല അവരിലൊരാളും മറ്റൊരാളുടെ ഖിബിലയെ പിന്തുടരുകയുമില്ല അറിവ് താങ്കൾക്ക് ലഭിച്ചതിനു ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായും താങ്കൾ അക്രമികളിൽപ്പെട്ടവനാകും